ശിവസമാരംഭാ സങ്കദാ ചിന് ശ്രീ ശ്രീവര संसारी, ു ത്രയോ ഭോക്തർ സംസാര ജീവ എലോക പ്രസിദ്ധ അനേകർമ്മ ഫലബോധ യോഗ്യ അനേക അധിഷ്ഠാന ലോകദേഹനിർണിംഗ് യഥാശാസിംഗ് തദ്ധകൗശലർ തക്ഷാതിരിവൈശ്വര ജഗതീയ ചേനഗമ്യത്തെ യോ വാചോ നിവർത്തത നേതി നേതി ശാസ്ത്ര പ്രസിദ്ധ ഓപനിഷ പുരുഷ തൃതീയ കഴിഞ്ഞ അധ്യായത്തിന്റെ താൽപര്യം ആത്മ ഐകാഗ്യം സൃഷ്ടിപ്രാവശ്യ സൃഷ്ടിച്ച അതേ പരമേശ്വരൻ തന്നെ ഓരോ ശരീരത്തിലും താഴ്മപ്പെട്ടിരിക്കുന്നു ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല വാസ്തവത്തിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല അപ്പൊ ശരീരത്തിലിരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് തർപ്പിച്ചു സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് തന്നെ ശരീരത്തിരിക്കുന്നു സാദാന്ത്യത്തിൽ അതുകൊണ്ട് ജീവനും ഈശ്വരനും രണ്ടാകാൻ വഴിയില്ല അതിന് ഒരുപാട് യുക്തികളും പറഞ്ഞു കാരണം സൃഷ്ടിക്കു മുമ്പ് മറ്റൊരു പ്രാധാന്യവും ഇല്ല സൃഷ്ടികർത്താവ് മാത്രം ഈശ്വരൻ മാത്രം ആ സൃഷ്ടി പിന്നെ തന്നെ തന്നെ ആശ്രയിച്ചാണ് പ്രസിദ്ധമായ ലൂതർ ദൃഷ്ടാവുന്ന ചലന്തിയുടെ ദൃഷ്ടാവും തന്നെ തന്നെ ആശ്രയിച്ച സൃഷ്ടി തൻ്റെ തന്നെ ശക്തി വിശേഷത്തെ ആശ്രയിച്ച് സൃഷ്ടിക്കുന്നു സൃഷ്ടിക്ക് ശേഷം തകരാറ് സംഭവിക്കുന്നത് അങ്ങനെ അനുപ്രവേശത്തിലൂടെ ജീവഭാവം വരുന്നു അജീവഭാവം വരുന്നതുകൊണ്ട് ഈശ്വരൻ അല്ലാതാകുന്നുണ്ട് ഈശ്വരൻ തന്നെ ഇതിങ്ങനെ പറയുമ്പോൾ അതെല്ലാവർക്കും സ്വീകാര്യമാകത്തില്ല അദ്വൈതത്തെ ശ്രവിക്കുന്നവർക്ക് സ്വീകാര്യമാത്രം അതെങ്ങനെ സംഭവിക്കും ഈശ്വരൻ തന്നെയാണ് ജീവനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരി അനുപ്രവേശം ചെയ്തു ഈശ്വരന് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ജീവനായി എന്ന് പറഞ്ഞാൽ അത് പക്ഷെ ഈശ്വരൻ തന്നെയാണ് സർവ ശരീരങ്ങളിൽ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വ്യക്തമാകും അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തുവരുന്ന ഭാവം ആദ്യ പൂർവക്ഷി പറയുന്നു ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു ഇത്ര ആത്മാനഹ മൂന്നാത്മാക്കളാണ് ഇവിടെയുള്ളത് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണോ ഭോക്ത കർത്ത സംസാരി ജീവ ഏക സർവലോകശാസ്ത്ര പ്രസിദ്ധ കർത്താവായി ഭോക്താവായി സംസാരിയായിരിക്കുന്ന ജനന മരണങ്ങളിൽപ്പെട്ടിരിക്കുന്ന ജീവനും സർവലോകം എന്ന് വെച്ചാൽ സർവേ അനുഭവത്തിലുള്ളതും ശാസ്ത്ര പ്രസിദ്ധം ഇവിടെ ഇപ്പം ശ്രുതിയിലും അതിനെ കുറിച്ച് പറഞ്ഞു ആ ജീവനെ കുറിച്ച് അനുപ്രവേശം ചെയ്തു എന്ന് അത് ഒന്ന് വേറെയാണ് ജീവൻ അതൊരാത്മാവാണ് ഇനി രണ്ടാമതോ അനേക പ്രാണി കർമ്മഫല ഉപഭോഗ ഉപഭോഗയോഗ്യ അനേക അധിഷ്ഠാനവും ലോകദേഹ നിർമ്മാണേന ലിംഗേന യഥാശാസ്ത്ര പ്രദർശിതേന ഇവിടെ തൊട്ടു മുമ്പ് ശ്രുതി പറഞ്ഞ തരത്തിൽ അതൊരു ഹേതുവാണ് ലിംഗമാണ് അടയാളമാണ് ഇനി മറ്റൊരാത്മാവുണ്ടെന്നുള്ളത് എന്താണ് അനേക പ്രാണി കർമ്മബല ഉപഭോഗയോഗ്യ അനേക പ്രാണികൾക്ക് അവരവരുടെ കർമ്മഫലങ്ങളുടെ കർമ്മഫലം എന്ന് വെച്ചാൽ സ്വാദക്കും അതിൻ്റെ ഉപഭോഗം എന്ന് വെച്ചാൽ അനുഭവം അതിനു യോഗ്യമായ അനേക അധിഷ്ഠാന ലോകം അനേക അധിഷ്ഠാനങ്ങളുള്ള അനേക ലോകങ്ങൾ ആ ലോകത്തിലുള്ള അനേക ദേഹങ്ങൾ ഈ ദേഹങ്ങൾ നിർമ്മിക്കുന്നു ആരോ ഈ ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ചവൻ വിവിധ ലോകങ്ങളിൽ വിവിധ ശരീരത്തെ സൃഷ്ടിച്ചവൻ അങ്ങനെ ഒരാൾ ഇതൊരു ഹേതുവാണ് ഈ ഹേതു കൊണ്ടുപോവിക്കാം ഇത്തരം അനേക ലോകങ്ങളെയും അനേക ശരീരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് ഇതാണോ പുരപ്രാസാദാദി നിർമ്മാണ ലിംഗേന വീടുണ്ടാകുന്നു കോട്ടയുണ്ടാക്കുന്നു കൊട്ടാരമുണ്ടാക്കുന്നു അതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കും ഇതെല്ലാം നിർമ്മിച്ച ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് അതുപോലെ തദ്വിഷയ കൗശല ജ്ഞാനവാൻ ഇതിനെല്ലാം ഉള്ള സാമർഥ്യവും കൗശലവും സാമർഥ്യവും ജ്ഞാനവും അറിവുള്ള ഒരാൾ തത്കർത്ത കാരണം മനുഷ്യശിഷ്ടമായ പുരപ്രാസാദാദികൾ കാണുമ്പോൾ കാണുന്നു ഇതിന് സാമർഥ്യവും അറിവുമുള്ള ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് അതുപോലെ ഈ വിചിത്രമായ ലോകത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഇതിന് സാമർഥ്യവും അറിവുമുള്ള ഒരാളുണ്ട് എന്ന് ഊഹിക്കുന്നു തക്ഷാതിരിവശാരിയും മൂശാരിയും മറ്റും പോലെ അവരവരുടെ സാമർഥ്യവും അറിവുമനുസരിച്ച് വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ അവരുണ്ടാക്കുന്നു അതുപോലെ ഈശ്വര സർവജ്ഞ അതുപോലെ ഒരാൾ അതാണ് ഈശ്വരൻ സർവജ്ഞനാണ് ജഗതഹ കർത്ത ഈശ്വരനാണ് ജഗത്തിൻ്റെ കർത്താവ് സർവ ജീവന്മാർക്കും വസിക്കുന്നതിന് ശരീരമായ വീട് നിർമ്മിച്ച് നൽകിയ ദ്വിതീയേത ആത്മാ അങ്ങനെ ഒരു രണ്ടാമതൊരു ചേതനൻ ആത്മാവ് ഒന്ന് ജീവൻ മറ്റൊന്നും ആത്മാവ് ഇത് രണ്ടും എങ്ങനെ ഒന്നാകുന്നാണ് എങ്ങനെയാ നിങ്ങൾ ഒന്നെന്ന് പറയുന്നത് രണ്ടിന്റെയും സ്വഭാവം രണ്ടാണ് രണ്ടിന്റെയും പ്രവൃത്തി രണ്ടാണ് രണ്ടിന്റെ അറിവ് രണ്ടാണ് ജീവൻ എന്താണെന്ന് ഓരോ ജീവനും അറിയാം ഈശ്വരൻ എന്താണെന്ന് ഓരോ ജീവനും ഊഹിക്കാം ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് അതുകൊണ്ട് ജീവനിൽ നിന്നും വേറിട്ട് ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് തന്നെ സ്വീകരിക്കണം ഒരിക്കലും ഈശ്വരൻ ജീവനാകാൻ പാടില്ല ഇനി ഇതിന് രണ്ടിനും അപ്പുറം ഏത്തോപാചോ നിവർത്തന്തി നീതി നേതി ഇത്യാദി ശാസ്ത്രപ്രസിദ്ധ ഉപനിഷ പുരുഷ സ്ഥിതിയെ ഇനി ഉപനിഷത്തിലൊരു ആത്മാവിനെ പറയുന്നുണ്ട് എന്താണ് ഏത്തോപാചോ നിവർത്തന്തി ഇവിടെ നിന്നാണോ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പിൻവാങ്ങുന്നത് നീതി അതീ ജീവനോ ഈശ്വരനോ അല്ല എന്നിങ്ങനെ നിഷേധിച്ചിട്ട് ശേഷിക്കുന്നവരാണ് ശാസ്ത്രപ്രസിദ്ധം എന്ന് വച്ചാൽ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന വിശ്വസ്തീയ അങ്ങനെ ഒരു ആത്മാവുമുണ്ട് യുക്തിക്കും അനുഭവത്തിനുമനുസരിച്ച് ഈ മൂന്നാത്മാവിനെ സ്വീകരിക്കേണ്ടി വരും അതായത് ചേർന്നിട്ട് ഐകാത്മ്യം എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല ത്മാവനോ അന്യോന്യവിലാഹ് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു നിർണയത്തിലെത്താൻ ഇവിടെ ആത്മാക്കൾ മൂന്നാണ് ജീവൻ ഈശ്വരൻ നിർഗുണബ്രഹ്മം അന്യോന്യവില അത്യന്തം ഭിന്നങ്ങളാണ് ഇതൊന്നും മറ്റൊന്നാകാൻ വഴിയില്ല ജീവൻ ഈശ്വരനാകത്തില്ല നിർഗുണം ബ്രഹ്മ സഗുണബ്രഹ്മമാകത്തില്ല ഇത് അംഗീകരിച്ചേ മതിയാവൂ എന്നാണ് ഇത് കുറവക്ഷ പറയുന്നു കുറൂക്ഷാൽ എന്താ ഇത് മനന ആത്മതത്വത്തെ ശ്രുതി വെളിപ്പെടുത്തുന്നു പക്ഷെ ശ്രോതാവിന് എങ്ങനെയാണോ ശ്രുതി വെളിപ്പെടുത്തുന്നത് ആ രീതിയിൽ ബോധിക്കാൻ കഴിയുന്നത് ആത്മതത്വത്തെ കുറിച്ചുള്ള ശരിയായ ധാരണകൾ വരുമ്പോൾ യഥാർത്ഥ ജ്ഞാനം അത് വരുമ്പോൾ തന്നെ അതിനോടൊപ്പം ഭ്രാന്തി സംശയം അജ്ഞാനം എല്ലാതിനോടൊപ്പം കടന്നു വരും അത് ജ്ഞാനത്തിൻ്റെ ഒരു സ്വഭാവമാണ് വെളിച്ചം ഏത് സമയവും നിഴലിനോടൊപ്പം ഇരിക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അത് അജ്ഞാനത്തോടു കൂടിയിരിക്കും എന്നോടൊപ്പം ഇതെല്ലാം ഉണ്ടാവും ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അതിനെ തെളിയിക്കുക ശുദ്ധമാക്കുക അല്ല അജ്ഞാന വിപരീയങ്ങളെയെല്ലാം മാറ്റിയെടുക്കുക അതിനു വേണ്ടിയിട്ടാണ് പൂർവക്ഷ സമാധാന രൂപത്തിലുള്ള മനനം ന്യായ ചർച്ച എന്ന് പറയുന്നതാണ് അപ്പോൾ മനനത്തിലൂടെ ഈ സംശയങ്ങളെയും വിപര്യങ്ങളെയെല്ലാം ദൂരീകരിക്കും അത് എന്താ ഉപദേശം ശ്രുതിയുടെ ഉപദേശം കേട്ടു എനിക്കത് ബോധിച്ചു എന്നും ഒരാൾ കരുതുന്നു ആ ഇന്നതാണ് ആത്മാവ് ഇന്നതാണ് ബ്രഹ്മം ഇന്നതാണ് ജീവാത്മ പരമാത്മേകത്വം ഇന്നതാണെന്നെല്ലാം എനിക്ക് ബോധിച്ചു എന്ന് കരുതുന്നു ഒരാൾ വ്യക്തമായും ബോധിച്ചു പക്ഷെ അങ്ങനെ ബോധിച്ചു വന്നു ധരിക്കുന്ന ഒരാളും വീണ്ടും ആവർത്തിക്കുമ്പോൾ രണ്ടാമത് അയാളുടെ അയാൾക്ക് ബോധ്യപ്പെടുന്നത് പുതിയ രീതിയിലാണ് ഇതുവരെ ബോധ്യപ്പെട്ട രീതിയിലല്ലേ അതാണ് മനനത്തിൻ്റെ പ്രയോജനം അയ്യോ ഇന്ന് വരെ താൻ ധരിച്ചിരുന്ന ആ ഇത് എനിക്ക് ഞാൻ ഇത് ഗ്രഹിച്ചു കഴിഞ്ഞു ബോധ്യം വന്നു പക്ഷെ വീണ്ടും ആവർത്തിക്കുമ്പോൾ വീണ്ടും പുതിയ അറിവുണ്ടാവുന്നു അവിടെ പുതിയ അറിവ് ഉണ്ടാകുകയല്ല മുമ്പ് ഉണ്ടായിരുന്ന അറിവിൽ അജ്ഞാന സംശയവിപര്യങ്ങൾ കൂടിയുണ്ടായിരുന്നു അതോടുകൂടിയാണ് ബോധിച്ചത് അത് ആവർത്തനം കൊണ്ട് എന്ത് ചെയ്യുന്നു അതിനെ ദൂരീകരിക്കുന്നു അപ്പോൾ അയാൾക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കൂടുതൽ വ്യക്തമായി വ്യക്തമായി എന്ന് മാത്രമല്ല ചിലപ്പോൾ ധരിച്ചു ഇപ്പോൾ ഞാൻ ഇതിനെ ശരിയായി ധരിച്ചിരിക്കുന്നു ആത്മതത്വം എന്താണോ ശ്രദ്ധയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് എനിക്ക് ശരിയായ രീതിയിൽ ധരിക്കാൻ കഴിഞ്ഞുവെന്ന് ധരിക്കുന്നു അവിടെ എങ്ങനെ ധരിക്കുമ്പോഴും അജ്ഞാന സംശയ വിപര്യങ്ങൾ പിന്തുടരുന്നു അയാൾ അറിയുന്നില്ല അത് വെളിച്ചത്തിൻ്റെ സ്വഭാവമാണ് വെളിച്ചത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ഈ നിഴൽ കാണാൻ പറ്റത്തില്ല വെളിച്ചത്തിന്റെ പുറത്ത് നോക്കിയാലേ നമുക്ക് നെഴിനെ കാണാൻ പറ്റും അതുപോലെ തത്വത്തെ ശ്രവിക്കുമ്പോൾ തത്വത്തിൻ്റെ ശ്രദ്ധ മനസ്സിന്റെ ഏകാഗ്രതയെല്ലാം കൊണ്ട് അതിൽ വന്നിരിക്കുന്ന അജ്ഞാന സംശയവിവര്യങ്ങൾ അറിയത്തില്ല അതറിയാതെ അതിൽ കടന്നുകൂടിയിരിക്കുകയാണ് അതോടുകൂടിയാണ് ധരിക്കുന്ന ഞാനത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് വീണ്ടും ഇതിന്റെ ആവർത്തി അതേ ശ്രദ്ധയോടെ അതേ ഏകാഗ്രതയോടുകൂടി വീണ്ടും ആവർത്തിക്കുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ഈ ദോഷങ്ങൾ അവയെ നമ്മൾ തിരിച്ചറിയാതെ തന്നെ പലപ്പോഴും അത് മാറിപ്പോകുന്നു എന്തൊക്കെയാണ് തന്നെ ബാധിച്ചിരുന്ന ദോഷങ്ങളെന്ന് സ്വയം മനസ്സിലാക്കാതെ അത് മാറിപ്പോകുന്നു അതാണ് കൂടുതൽ വ്യക്തമാകുന്നത് ആ വ്യക്തത ദൃഢ ദ ആ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ് മനനമായത് ആ മനനത്തിനാണ് വീണ്ടും വീണ്ടും പൂർവപക്ഷ സമാധാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയും എന്തിനും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം തത്തു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു ജീവൻ എന്നതാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി സച്ചിദാനന്ദ ഇതെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞു ഇതേ കാര്യത്തെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ മനസ്സ് ആ തത്വശ്രവണത്തിൽ വിമുഖമാകാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തത കൈവരിക്കാൻ കഴിയത്തില്ല വീണ്ടും ആ അജ്ഞാന സംശയങ്ങളോടുകൂടി തന്നെ മുമ്പോട്ട് പോകും അതിനോട് തിരിച്ചറിയത്തുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും പൂർവപക്ഷ സമാധാന രൂപത്തിലുള്ള മനനം ഇവിടെ ക്രമേണ ക്രമേണ വീണ്ടും ആ തത്വത്തിലുള്ള വ്യക്തതയ്ക്ക് വേണ്ടി പൂർവപക്ഷ രൂപത്തിൽ തന്നെ ആ സിദ്ധാന്തത്തെ ഭാഗികമായി അവതരിപ്പിക്കും പൂർവ്വപക്ഷം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അസംബന്ധമല്ലോ പലപ്പോഴും അത് സിദ്ധാന്തത്തിന്റെ ഏകദേശമായി ഭാഗികമായി എന്നുവെച്ചാൽ പൂർവ്വപക്ഷിയെ കൊണ്ട് തന്നെ സിദ്ധാന്തത്തിന്റെ കുറച്ച് ഭാഗം പറയും എന്നിട്ട് അതിൽ വരുന്ന പോരായ്മകളെ പരിഹരിച്ച് വീണ്ടും അതിനെ കൂടുതൽ വ്യക്തമാക്കി അങ്ങനെ വ്യക്തമാകുമ്പോൾ ശ്രോതാവിന്റെ മനസ്സിലും ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കും ഭ്രാന്തികളും മാറും അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ ആവർത്തിക്കുന്നത് വെറുതെ അല്ല അത് ഒരേ ശ്രദ്ധയിൽ അതിനെ പിന്തുടരുന്നവർക്ക് അത് സ്വനുഭവത്തിൽ വരും അത് കൂടുതൽ വ്യക്തമായി കൂടുതൽ ആ ബോധം പ്രകാശിക്കുന്നു എന്ന് സ്വനുഭവത്തിൽ വരും അതുകൊണ്ട് അതേ വിഷയത്തിൽ തന്നെ പലതവണ്ണം നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ തന്നെ വീണ്ടും കൊണ്ടുപോകുന്നു പലതവണ ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് കാര്യമില്ല അതിന് ഉൾക്കൊള്ളുന്നതിന് ബുദ്ധി പാകമായിട്ടുണ്ടോ എന്നുള്ളതാണ് പാകമാക്കുന്നതിനോട് വേണ്ടിയാണ് ഈ ചർച്ച അവിടെ വീണ്ടും ചോദിക്കുന്നത് തത്ര കഥം ലീഗയോ ആത്മാഅ അതിഥിയോ അസംസാരി ഞാൻ സിക്ക് ഇങ്ങനെ പരസ്പര വിരുദ്ധമായി മൂന്നാത്മാക്കൾ കൊണ്ടെന്ന് നമുക്ക് നിശ്ചയിക്കാം ശ്രുതിയിൽ നിന്ന് തന്നെ എന്നിരിക്കെ എങ്ങനെയാണ് ഏകയോ ആത്മാ അദ്വിതീയോ അസംസാരി ആത്മാവ് ഏകമാണ് അദ്വിതീയമാണ് അത് അസംസാരിയാണ് എന്നെല്ലാം മനസ്സിലാക്കുന്നത് എങ്ങനെ എന്ന് മാത്രമല്ല ഇത്രയും പറയുമ്പോൾ സിദ്ധാന്തം ചോദിക്കുന്നു ശരി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഒരു ജീവൻ ഒരു ഈശ്വരൻ ഒരു നിർഗുണബ്രഹ്മൻ ശരി ആദ്യം പോലെ തുടങ്ങാം തത്ര ജീവ ഏക യുവതാവത് കഥ ന്യായത്തെ അജീവൻ അതിനെ തന്നെ എടുക്കാം ആ ജീവനെ ആദ്യമായി അതിനെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് സർവ ലോകശാസ്ത്ര പ്രസിദ്ധമെന്ന് പറഞ്ഞു എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ജീവനെ പറയുന്നു അതെന്താ വളരെ അനായാസമായി മനസ്സിലാക്കാവുന്ന ആദേഷ്ട ആഘോഷ അങ്ങനെ എത്രയാണോ പറയാം കേൾക്കുന്നവൻ മനനം ചെയ്യുന്നവൻ കാണുന്നവൻ ആദേശിക്കുന്നവൻ ആദേശം ചെയ്യുന്നവൻ ആഘോഷ്ട ഈ ശബ്ദങ്ങളെയെല്ലാം പുറപ്പെടുവിക്കുന്നവൻ വിജ്ഞാത അറിയുന്നവൻ പ്രജ്ഞാത അങ്ങനെ എന്തുവേണോ പറയാം വിശേഷിച്ചറിയുന്നവൻ അനുഭവത്തിലറിയുന്നവൻ അനുമാനിക്കുന്നവൻ ഇങ്ങനെ പ്രത്യക്ഷമായി അറിയുന്നവൻ എന്തുവേണോ പറയാം ഈ തരത്തിലെല്ലാം ഒരാളുണ്ടല്ലോ താൻ തന്നെ ഞാൻ തന്നെയാണ് സർവതാവായും മഹതാവായും ദുഷ്ടാവായും അങ്ങനെയുള്ള ഞാൻ ആ ഞാൻ അതാണ് ജീവൻ അങ്ങനെ ഞാൻ എന്നെ അറിയുന്നു ജീവനായി അറിയുന്നു അപ്പൊ അവിടെ ജീവൻ എന്താണെന്നുള്ളത് എന്നെ വ്യക്തമാക്കുകയാണ് ഇത് ശ്രുതിയിൽ നിന്ന് എന്നെ മനസ്സിലാക്കാൻ ശ്രുതിയിൽ നിന്നും ശ്രോത മന്ദിജ്ഞാത അതിന് സമാനം പറയുന്നതിന് വിപ്രതിഷിദ്ധം ഞായതേ ശ്രോണാതി കർത്തൃത്വ അമതോ അവിജ്ഞാത പറയുന്നു ഇത്രയും അറിഞ്ഞാ പോരല്ലോ ജീവനെ കുറിച്ച് ശ്രോതാവായും മന്ദാവായും എല്ലാം ജീവനെ കുറിച്ച് നിങ്ങളറിയുന്നു പറയുന്നു അതേ ജീവനെ കുറിച്ച് തന്നെ ശ്രുതി പറയുന്നു എന്താണോ അമതോ അവിജ്ഞാത അത് മനനം ചെയ്യാൻ മനനത്തിന് വിഷയമല്ല അനുഭവത്തിന് വിഷയമല്ല ഇതും പറയുന്നുണ്ടല്ലോ ശ്രോതാവായും മന്ദാവായും മാത്രമല്ല അതിന് വിരുദ്ധമായിട്ടും വിപ്രതിഷിദ്ധം ന്യായത്തെ വിരുദ്ധമായിട്ടും അറിയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഭാഗം മാത്രം സ്വീകരിച്ചു ജീവിനെക്കുറിച്ച് ശ്രുതി ചർച്ച ചെയ്യുമ്പോൾ ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ അങ്ങനെ വിപ്രതിഷിദ്ധായതയെ ശ്രവണാദികർത്തൃത്വേന ഒരിടത്ത് ശ്രോതാവായും മന്ദ ശ്രോത എന്നുവെച്ചാൽ ശ്രവണാദികർത്താവ് മറിച്ച് അമൃത്വ അഭിജ്ഞാത അത് അറിയുന്നവനല്ല അനുഭവിക്കുന്നവനല്ല മനനം ചെയ്യുന്നവനല്ല എന്നിങ്ങനെ തഥ നാരം മന്യൂധാഹ വിജ്ഞാതേഹി വിജ്ഞാതാരം വിജാനീയ ഇത്യാദി ച ധാരാളം ഉണ്ട് ശ്രദ്ധിക്കുന്നു ശ്രോതാവെന്നും മന്ദാവെന്നും മാത്രമല്ല പറയുന്നത് മതേഹെ മന്ദാരം ന മന്യുദാഹ മനനം ചെയ്യുന്നവനെന്ന് നിങ്ങൾക്കറിയാം ഈ മനനം ചെയ്യുന്നവന്റെ പിന്നിൽ ഇരിക്കുന്ന മന്ദാവ് മുഴുവനുണ്ട് അവനെ അറിയാൻ കഴിയുന്നില്ല വിജ്ഞാതേഹേ വിജ്ഞാതാരം ഈ വിജ്ഞാനത്തിന്റെ വിജ്ഞാതാവ് വിജ്ഞാനം ഉണ്ടല്ലോ സർവ്വവിഷയങ്ങളെങ്കിലിരിക്കുന്നു സർവവിഷയജ്ഞാനം നമുക്കുണ്ട് ഇതാർക്ക വിജ്ഞാദേഹേ ഈ വിജ്ഞാദിയുടെ വിജ്ഞാതാവാര വിജ്ഞാനീയ അതിനറിയാൻ കഴിയുന്നില്ല ഞാൻ മനനം ചെയ്യുന്നു ഞാൻ അറിയുന്നു അതെനിക്കറിയാം പക്ഷേ ഈ ഞാൻ അതാരും അതറിയാൻ കഴിയുന്നല്ല ഈ വിജ്ഞാനം ആർക്കാണ് അതറിയാൻ കഴിയുന്നില്ല അത് പെട്ടെന്നൊരു സമാനം പറഞ്ഞാ പറ്റില്ല ഈ വിജ്ഞാനം ഈ ശരീരത്തിനാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല മനസ്സിനാണ് ബുദ്ധിക്കാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോൾ അതെല്ലാം നിഷേധിക്കേണ്ടി വരുന്നു അപ്പൊ അറിയാൻ ചിന്തിക്കുന്നത് മനനം ചെയ്യുന്നത് പക്ഷെ മനനത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരുന്നതൊന്നുമല്ല മനനം ചെയ്യുന്നവന്റെ പിന്നിലുള്ള ഒരു മഹതാവ് ഇതാരെ അതിനുത്തരം കിട്ടുന്നില്ല അതറിയാൻ കഴിയുന്നില്ലെന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പൊ ശ്രോതാവായും മഹതാവുമായി അറിയുന്നു എന്ന് പറയുമ്പോൾ ശ്രോതാവായും മന്ദാവായും ശരിയായ ശ്രോതാവിനെയും മന്ദാവിനെയും അറിയുന്നില്ലെന്നും പറയും ഒരു ഭാഗം മാത്രം നിങ്ങൾ സ്വീകരിച്ചിട്ട് ജീവൻ സർവലോക പ്രസിദ്ധമാണ് ശാസ്ത്ര പ്രസിദ്ധമാണ് എന്നെല്ലാം പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഇതാരറിയുന്നത് ആരാ മനനം ചെയ്യുന്നത് അവിടെ മനസ്സിലാകുന്നില്ല പറയുന്ന സത്യം പൂർവപക്ഷിയോട് ഇത് സിദ്ധാന്തി ചോദിക്കുകയാണ് പൂർവക്ഷി പറയുന്നു ഒരു പക്ഷേ ഈ സിദ്ധാന്തിയൊക്കെ മനസ്സിൽ തന്നെയാണ് മനസ്സിന്റെ തന്നെ ചോദ്യങ്ങളും മനസ്സിന്റെ തന്നെ സമാധാനങ്ങളും അവിടെ രണ്ട് വ്യക്തികളൊന്നും ശരിയാണ് പ്രതിഷിദ്ധം യതി പ്രത്യക്ഷണത്യീത സുഖാത്വ പറയുന്നു ഈ ഇത് അങ്ങനെ വിരോധമൊന്നുമില്ല വിരോധം വന്നെപ്രത്യക്ഷീണ ന്യായീത സുഖാദി സുഖവും അറിയുന്നത് പോലെ ഈ ആത്മാവിനെയും പ്രത്യക്ഷമായി അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ വിരോധം ഇതിനെ പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നില്ല സുഖം അത് പ്രത്യക്ഷമായി അറിയുന്നുണ്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ സുഖത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ വിരോധം വരുന്നുണ്ട് പ്രത്യക്ഷമായി അറിയുന്നതിനെ അറിയുന്നില്ല എന്ന് നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ആത്മാവ് അങ്ങനെ പ്രത്യക്ഷമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വൈദ്യങ്ങളൊന്നുമില്ല അറിഞ്ഞാലല്ലേ വിരോധം വരത്തുള്ളൂ അറിയുന്നില്ലല്ലോ മറിച്ച് ഈ ആത്മാവ് ആത്മാവിനെ കുറിച്ച് കുറൂക്ഷണ പറയാണ് അത് ശ്രോതാവും മന്ദാവുമാണെന്നെല്ലാം പറഞ്ഞതിന് ശേഷം പറയാണ് അത് ശ്രോതാവും മന്ദാവുമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതേസമയം അത് പ്രത്യക്ഷം അല്ലെന്നും പറയുന്നു പ്രത്യക്ഷം ഞാൻ ചെന്നിവാചേ നം മതേർ മന്ദാരം നം മതേർ മന്ദാരം മന്നീധ മനനം ചെയ്യുന്നവനെ മനനം ചെയ്യുന്നു റിയുന്നവനെ അറിയുന്നവൻ അവനെ അറിയാൻ ഒക്കത്തില്ല എന്നാണ് ശ്രുതി പറയുന്നത് എന്നുവെച്ചാൽ ആത്മാവിനെ അറിയാൻ കഴിഞ്ഞില്ല മനസ്സിനെ അറിയാം ഇന്ദ്രിയങ്ങളെ അറിയാം ഇതെല്ലാം അറിയാം പക്ഷെ ഇതിന്റെ പിന്നിലിരുന്ന് ഇതിനെക്കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കുന്ന ആ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല എന്ന് തന്നെ ശ്രുതി പറയുന്നു കുറവക്ഷി സമ്മതിക്കുന്നു സിദ്ധാന്തത്തിലേക്ക് വരികയാണ് എങ്ങനെയാ ഇതിനെ അറിയുന്നത് നിങ്ങൾ പറയുന്നത് മഹതാവും ശ്രോതാവുമാണ് അതെങ്ങനെ അറിഞ്ഞു പറയുന്നു ഞായതേതു ശ്രവണാഥ ലിംഗേന കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു ഇതെല്ലാം ലിംഗങ്ങളാണ് ഹേതുക്കളാണ് അടയാളങ്ങളാണ് ഇത് വെച്ച് മനസ്സിലാക്കാൻ താണ് ഇതിന്റെ പിന്നിൽ ഒരാളുണ്ട് ഇതെല്ലാം ചെയ്യുന്നവനായി അല്ല അവനെ പ്രത്യക്ഷമായി ഗ്രഹിച്ചിട്ടല്ല പറയുന്നത് പ്രത്യക്ഷമായിരിക്കുന്നത് എന്താണ് ശ്രവണമാണ് ആരാണോ ശ്രവിക്കുന്നത് അവൻ പ്രത്യക്ഷമല്ല അവനെ അനുമാനിക്കാനേ അത് പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് ഇവിടെ വിരോധമല്ല എന്താണോ ഇത് മന്ദാവാണ് അതേസമയം ഇതല്ല എന്നിങ്ങനെയുള്ള വിരോധമില്ല ഇത് ജ്ഞാതാവാണ് അതല്ല ഇത്തരത്തിലുള്ള വിരോധമില്ല അതുകൊണ്ട് വിഷി പറയാണ് ഇത് ശ്രോതാവും മന്ദാവുമാണെന്ന് ഞാൻ പറഞ്ഞു ശരി എന്തുകൊണ്ട് പറഞ്ഞു അത് പ്രത്യക്ഷമല്ലെങ്കിലും ശ്രവണം മനനം തുടങ്ങിയ പ്രവൃത്തികൾ നടക്കുന്നതിലൂടെ ഊഹിക്കാം ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിനായി ഇതിന്റെ പിന്നിലൊരാളുണ്ട് അതാണ് ആത്മാവ് ജീവാത്മാവ് എന്നാണ് അനുമാനത്തിലൂടെ അറിയുന്നു എന്ന് പറയുന്നതിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സിദ്ധാന്തി അത് ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് നന്നു ശ്രവണാദിലിംഗേനാവി കഥം ഞായതേയുദായോത്യാത്മാതമേ ശബ്ദം ഈ ശ്രവണത്തിലൂടെയും മറ്റും ശ്രവണം ദർശനം തുടങ്ങിയ വ്യാപാരങ്ങളിലൂടെ ഇന്ദ്രിയത്തിന്റെയും മനസ്സിന്റെയും മറ്റും വ്യാപാരത്തിലൂടെ എങ്ങനെ ആത്മാവിനെ അറിയാൻ പറ്റും അനുശ്രവണാതിലിംഗേന അഭി കഥം ഞായലേ അതങ്ങനെ സാധിക്കും എന്തുകൊണ്ട് യവത യഥാശിനോത്യ ആത്മാ ശരി ആത്മാവ് ശ്രമിക്കുന്നു തന്നെ ഇരുന്നോട്ടെ ആത്മാവാണ് കേൾക്കുന്നത് ആത്മാവാണ് കാണുന്നത് അത് എന്തിനാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ആത്മാവിനെയാണോ അല്ല എന്തുകൊണ്ട് സ്രോതവയും ശബ്ദം ദ്രഷ്ടവ്യം രൂപം അങ്ങനെ പോകുന്നു അവിടെ കേൾക്കുന്നത് ശബ്ദത്തെയാണ് ആത്മാവിനെയുണ്ട് കാണുന്നത് രൂപത്തെയാണ് ആകൃതിയാണ് ആത്മാവിനെയാണ് കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും മറ്റും ആത്മാവിനെങ്ങനെ അറിയുന്നു മനനം ചെയ്യുന്നത് മനനം ചെയ്യുന്ന വിഷയങ്ങളെയാണ് ആത്മാവിനെയുണ്ട് അപ്പൊ ശ്രവണാദി ലിംഗത്തിലൂടെ ആത്മാവിനെ അറിയാം എന്ന് പറയുന്നത് എങ്ങനെ ശ്രവണം ചെയ്യുന്നത് ആത്മാവിനെ അല്ല ശ്രവിക്കുന്നത് ശബ്ദത്തെയാണ് ശ്രവിക്കുന്നത് ആത്മാവിനെ ശ്രവിക്കുകയില്ല തത്വം അസി എന്ന് പറയുമ്പോൾ ശ്രവിക്കുന്നത് എന്തിനാണ് തത്വം അസി എന്ന് പറയുന്ന ശബ്ദത്തെയാണ് ആത്മാവിനെ അവര് ശ്രവിക്കുന്നത് അതുമാത്രമല്ല തഥാത്തസ്യ ശ്രവണക്രിയായ വർത്തമാനത്തോ മനന വിജ്ഞാനക്രിയേന സംഭവത ആത്മനി പരക്രവാ ഇനി ഒരാൾ ശ്രവിക്കുന്നിരിക്കട്ടെ ശ്രവിക്കുമ്പോൾ ആ ജീവനു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശ്രവണക്രിയ കേൾക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം മനനവിജ്ഞാനക്രിയേന സംഭവത മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയം അനുമാനത്തിലൂടെ ആത്മാവിനെ അറിയുന്നുണ്ട് ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ശബ്ദത്തെ കേൾക്കുന്ന മാത്രം മാത്രം എന്താ സമയം ആ ശബ്ദമെന്ന് പറയുന്ന ഹേതുവിനെ ഉപയോഗിച്ച് ആത്മാവിനെ അനുമാനത്തിലൂടെ അറിയുന്നുണ്ടോ അതൊട്ട് നടക്കത്തുമില്ല എന്തുകൊണ്ട് ഒരു സമയവും ഒരു പ്രവൃത്തിയും മനസ്സിൽ നടക്കും രണ്ട് പ്രവൃത്തി നടക്കത്തില്ല രണ്ട് പ്രവൃത്തി നടക്കാൻ ശ്രമിച്ചാൽ ഒന്ന് വിട്ടുമോ ഒന്നേ കാണത്തു നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് ചിന്തിക്കുന്നു മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പോയാൽ മനസ്സ് ഇവിടെ എന്താണോ ശ്രവിക്കുന്നത് നഷ്ടപ്പെടും പറയുന്നത് കേൾക്കാറുണ്ട് ഒരാൾ പറയുന്നു അങ്ങനെയല്ല പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അതേസമയം ഞാൻ ചിന്തിക്കുന്നുണ്ട് രണ്ടും നടക്കുന്നുണ്ടല്ലോ മനസ്സിൽ നടക്കത്തില്ല എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് ആ സമയം ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്ന സമയം കേൾക്കുന്നുണ്ട് രണ്ടും ഭാഗ്യമായി സംഭവിക്കാം അപ്പോൾ രണ്ടിലും ന്യൂനത വരും കേൾവിയും ശരിയാകത്തില്ല ചിന്തയും ശരിയാവത്തില്ല കേൾവിയിൽ കുറച്ച് നേടും കുറച്ച് നഷ്ടപ്പെടും ചിന്തയിലും കുറച്ച് നേടും കുറച്ച് നഷ്ടപ്പെടും എന്തുകൊണ്ട് ഇതിങ്ങനെ പരസ്പരം മനസ്സിൽ മാറിമറിഞ്ഞ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്പം കേൾക്കുന്നു അല്പം ചിന്തിക്കുന്നു കേൾക്കുന്ന സമയത്ത് ചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു ചിന്തിക്കുന്ന സമയത്ത് കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഒരാൾ ഏകാഗ്രമായി കേൾക്കുന്നത് അതുപോലെ സംഭവിക്കുന്നില്ല എന്നറിയും ഭാഗ്യമായേ സംഭവിക്കത്തുള്ളു അതാണ് ശ്രവണക്രിയയെ വർത്തമാനത്തോ മനനവിജ്ഞാനക്രിയേനെ സംഭവം അപ്പോൾ മനനവിജ്ഞാനക്രിയകൾ സംഭവിക്കുന്നില്ല ആത്മന് പരത്രവാ ആത്മാവിന് സംഭവിക്കുന്നില്ല ശ്രവണ വിഷയത്തിൽ സംഭവിക്കുന്നു ശബ്ദത്തെ ശ്രവിക്കുമ്പോൾ അവിടെ കേവലം ശബ്ദശ്രവണം മാത്രം മറ്റ് ചിന്തയൊന്നും നടക്കുന്നില്ല അത് ശബ്ദത്തെ സംബന്ധിച്ച് ചിന്തയില്ല ആത്മാവിനെ സംബന്ധിച്ച് ചിന്തയില്ല പക്ഷെ ഞാൻ കേൾക്കുമ്പോൾ ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന സമയത്ത് ചിന്തിക്കുന്നെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അത് കേൾക്കുന്ന സമയത്തല്ല കേൾവിയെ നിറത്തിയിട്ട് ചിന്ത ആരംഭിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ ചിന്തയെ വിട്ടിട്ട് കേൾവിയിലേക്കും പോകുന്നു ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് കരുതുന്നു ഇത് ഒരേ സമയം നടക്കുകയാണ് മാറി മാറി സഞ്ചരിക്കുന്നു മനസ്സ് ഒന്ന് കേൾവിയിലേക്ക് മറ്റൊന്ന് ചിന്തയിലേക്ക് ചിന്തയിൽ നിന്നും വീണ്ടും കേൾവിയിലേക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ടാണ് ശ്രവണത്തിൽ നിന്നും ശരിയായ ജ്ഞാനം ഉണ്ടാകാത്ത സാധാരണഗതിയിൽ ഒരാൾ തത്വത്തെ ശ്രവിക്കുമ്പോൾ സാധാരണഗതി വളരെ ചെറിയൊരംശം മാത്രമേ മനസ്സ് ശ്രവണത്തിൽ നിൽക്കത്തുള്ളൂ ഒരു ശതമാനമോ ബാക്കി സമയം മുഴുവൻ എന്തായിരിക്കും നാനാ ചിന്തകളിലായിരിക്കും ഒരു പക്ഷേ ശ്രമിച്ച വിഷയത്തെ സംബന്ധിച്ചാതിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും എന്തായാലും അവിടെ മനസ്സിന്റെ നില ശ്രവണത്തിൽ അത്യല്പമാണ് അതുതന്നെ ശ്രുത അർത്ഥം അർത്ഥത്തിന്റെ ധാരണയും കുറവായിരിക്കും മനസ്സിങ്ങനെ വഴറിക്കൊണ്ടിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്ന സംഭവത അവരടുത്ത് സംഭവിക്കുന്നില്ല ആത്മനെ ആത്മാവിൽ സംഭവിക്കുന്നില്ല പലത്രവാ കാരണം ഇവിടെ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോ അവിടെ ശബ്ദത്തിന്റെ താല്പര്യം ശ്രോതാവിൽ തന്നെയാണ് മറ്റൊന്നിനുമല്ല അവിടെ ശ്രോതാവിന് താൻ തന്നെ വ്യക്തമാകേണ്ടതാണ് മറ്റൊരു വിഷയമല്ല ആത്മനി ഇവിടെ ഒരാൾ ശ്രവിക്കുമ്പോൾ എന്തെയ്യുന്നു അയാൾക്ക് താനും വ്യക്തമാകുന്നുണ്ട് തന്റെ ചുറ്റുപാടുമുള്ള മറ്റു പറഞ്ഞു വ്യക്തമാകുന്നുണ്ട് പരിസരബോധത്തിന് കുറവൊന്നും വരുന്നില്ല അതുകൊണ്ട് പരത്ര മനസ്സ് അന്യ സ്ഥലത്തും പോകുന്നുണ്ട് അപ്പൊ അവിടെ ശ്രവണ ശരിയായിട്ടല്ല സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിലും നാനാ ചിന്തകൾ മനസ്സിൽ കടന്ന് വര വരില്ല ധനാത്മചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നില്ല ഇതെല്ലാം വരുന്നുണ്ട് എന്തുകൊണ്ടത് മനസ്സിന്റെ ഒരു സ്വഭാവം തന്നെയാണ് മനസ്സ് ഒന്നിലുറച്ചാൽ മറ്റൊന്നില് പോകത്തില്ല പോകുന്നുണ്ടെങ്കിലും ഒന്നിലുറക്കുന്നില്ല ചെറുവണത്തിലല്ല മനസ്സ് വയ്ക്കുന്നത് പക്ഷെ മനസ്സിന് ഇനി അത് ചർച്ച ചെയ്യും കാണാതന്മാര് പറയും എന്താണ് മനസ്സ് അണുവാണ് ചർച്ചയ്ക്ക് വരുന്ന ഭാഗമാണ് അണു എന്ന് പറഞ്ഞാൽ ആദ്യ സൂക്ഷ്മ എന്തിനവര് മനസ്സിന് അണുവായി സ്വീകരിക്കുന്നു അതിസൂക്ഷ്മു അതിസൂക്ഷ്മമായി കഴിഞ്ഞാൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും അതാണ് നമ്മൾ കാണുന്നുണ്ടോ ചെറുതാകും തോറും വേഗത കൂടും ചെറുതിനെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും വലതിനെ അപേക്ഷിച്ച് വലിയൊരു പിണ്ടത്തെ അപേക്ഷിച്ചാൽ ചെറിയ പിണ്ടത്തിന് സഞ്ചാരവേഗത കൂടും അണുവായിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കും ഇപ്പം മനസ്സ് അണുവായെന്ന് വെച്ചാൽ അത്യധിക സൂക്ഷ്മമായി ശരീരത്തിൽ മുഴുവൻ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ അതിന് ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോകാൻ പറ്റും ശ്രവിക്കുന്നു അടുത്ത നിമിഷത്തെ ആ ശ്രോതാവ് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആ മനസ്സ് ആ ശ്രവണം വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ശ്രോതാവ് തിരിച്ചറിയത്തില്ല അങ്ങനെ നിരന്തരം മാറി മാറി സഞ്ചരിക്കുന്നു എന്നാൽ അത് എവിടെയെങ്കിലും ഒന്നും ഉറച്ചു നിൽക്കുമ്പോൾ അതിന് വേറെ പോകാൻ കഴിയത്തില്ല ഒരു വിഷയത്തിൽ അത് മുറുക പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനവിടെ വിട്ട് പോകാൻ കഴിയത്തില്ല പക്ഷെ അത് മുറുക പിടിക്കത്തില്ല ഒന്നിലൊന്നു തൊടും ാണ് മനസ്സിന്റെ പതർച്ച എന്ന് പറയുന്നു അതിലൂടെ അംഗീകരിക്കുന്നു അങ്ങനെ തന്നെയാണ് എപ്പോഴാണോ ശ്രൂണത്തിൽ മനസ്സ് ഉറച്ചിരിക്കുന്നപ്പോ മന വിജ്ഞാനങ്ങളിലില്ല ദർശന സ്പർശനങ്ങളിലില്ല അത് ആത്മാവിലില്ല അനാത്മാവിലില്ല തഥാത്രാപി മനനാതിക്രിയാവണാതിക്രിയാശ്വാസവിശേഷം ഇത് ശ്രവണത്തെ സംബന്ധിച്ച് എങ്ങനെയാണോ അതുപോലെ തന്നെ മനനത്തെ സംബന്ധിക്കും മനസ്സ് വളരെ ഗാഠമായൊരു വിഷയത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിലും കാണുന്നില്ല കേൾക്കുന്നില്ല സ്പർശിക്കുന്നില്ല രുചിക്കുന്നില്ല മണക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല അതിന്റെ തീവ്രത അനുസരിച്ച് ബാക്കി സർവ്വ വിഷയങ്ങളും വിടുന്നു അതുകൊണ്ട് ഇത് നിങ്ങളെപ്പോഴാണ് ഇതെല്ലാം വച്ച് ആത്മാവിനെ അനുമാനിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ശ്രവിക്കുമ്പോൾ എന്തായാലും അനുമാനിക്കാൻ മയ മനനം ചെയ്യുമ്പോൾ അനുമാനിക്കാൻ മ്യ ദർശിക്കുമ്പോൾ സ്പർശിക്കുമ്പോഴൊന്നും അനുമാനിക്കാൻ കഴിയുന്നില്ല അപ്പോഴെല്ലാം അതാത് വിഷയങ്ങളിൽ മനസ്സ് ദൃഢമായിരിക്കുന്നു ഹി മന്ദവ്യാധന്യത്ര മന്ദഹ് മനനിക്കുകയാണ് സംഭവം മന്ദവ്യം എന്നിട്ട വിഷയം ഏതൊരു വിഷയത്തെയാണോ മനനം ചെയ്യുന്നത് അതിൽ നിന്നും മാറി ഒരു മനനം ആ സമയം സംഭവിക്കത്തില്ല ഒന്നിനു മാത്രമേ ഒരേ സമയം പല സംഭവിക്കില്ല എന്ന് ചുരുക്കം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് കാണാതന്മാരും അംഗീകരിക്കുന്നു മനസ്സിന് ഒരു സമയവും ഒരു വിഷയമേ നിക്കത്തുള്ളൂ രണ്ട് നിക്കത്തില്ല മനസ്സിന് ഒരു സമയം ഒരു വിഷയത്തെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ മനസ്സ് അണുവാണു അവരും പറയുന്നു ഒന്നിനോട് ചേർന്ന് നീക്കുമ്പോൾ ചേരാൻ പറ്റും അതാണ് അവർ പറയുന്നു സംയോഗം ഇന്ദ്രിയമായിട്ടുള്ള സംയോഗം ഒന്നിനോടും സംയോഗത്തിലിരിക്കും മറ്റൊന്നിനോടും അതിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല മനസ്സിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഇവിടെയും യുഗപത് അസംഭവിയും ദൂരെ സമയം സംഭവിക്കത്തില്ല അതുകൊണ്ട് അനുമാനത്തിലൂടെ ഇതിനെങ്ങനെ അറിയാൻ പറ്റും അറിയാൻ സാധ്യമല്ല എന്നത് പൂർവ്വക്ഷി വീട്ടിലും പറയുന്നതാണ് മനസ്സാ സർവ്വമേവബന്ധമെന്ന് തങ്ങളെന്താണ് പറയുന്നത് മനസ്സുകൊണ്ട് എന്താ ചിന്തിക്കാൻ കഴിയാത്തത് ലോകത്തിൽ എന്തിനെ കുറിച്ചും ചിന്തിക്കാം മനസ്സ് സർവ്വശക്തനാണ് എന്നുവെച്ചാൽ സർവ്വ വിഷയങ്ങളെയും അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അത് മനസ്സുകൊണ്ട് ആത്മാവിനെയും മനാത്മാവിനെയും എല്ലാം ചിന്തിക്കാം ഒരേ സമയം തന്നെ പലതിനേയും ചിന്തിക്കാം സർവ്വമേവ സമ്മാനം പറഞ്ഞത് സത്യം ദൈവം നിങ്ങൾ പറയുന്നത് ശരിയാണ് സത്യമാണ് മനസ്സുകൊണ്ട് സർവത്തെയും ചിന്തിക്കാം പക്ഷേ തഥാപി സർവമഭി മന്ദവിയും മന്ദാര മന്ദിരേണെന്ന മന്ദശക്തി പക്ഷെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ സർവത്തെയും മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴും അതിന് പിന്നിലൊരു മഹതാവ് ഉണ്ട് ചിന്തിക്കുന്നവനുണ്ട് അതാണ് മന്താവ് നിങ്ങൾ പറയുന്ന മനസ്സ് ചിന്തിക്കുന്നാണല്ലോ മനസ്സല്ല ചിന്തിക്കുന്നത് മനസ്സിന് കേവലം കർണം മാത്രമാണ് അതിന്റെ പിന്നിൽ മന്ദാരം മനനം ചെയ്യുന്നവൻ കാണുന്നവൻ കേൾക്കുന്നവൻ രുചിക്കുന്നവൻ മണക്കുന്നവൻ സ്പർശിക്കുന്നവൻ എന്ന് പറയുന്നത് പോലെ മനനം ചെയ്യുന്ന ഒരാളുണ്ട് അവനെ കൂടാതെ മനനസാധ്യമല്ല മനനം നാനാവിഷയങ്ങളെയാണ് മന്ദാവിനെ മനനം ചെയ്യുന്നില്ല എന്നത് മനനത്തിന് വിഷയങ്ങളും നാനാവിഷയങ്ങളെ മനനം ചെയ്യുന്നുണ്ട് പറയാറില്ലേ ആത്മാവിനെ മനനം ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ പറയും ആത്മാവിനെ ധ്യാനിക്കുന്നു ശുദ്ധാസംബന്ധമാണ് ഇന്നുവരെ ലോകത്താരും ആത്മാവിനെ ധ്യാനിച്ചിട്ടേ നമ്മൾ ധ്യാനിക്കുന്ന എന്താണ് മന്തവ്യം അതിനാണ് ധ്യാനിക്കുന്നത് മനനം ചെയ്യേണ്ട ഒന്നിനെയാണ് ധ്യാനിക്കുന്നത് ഈ ആത്മാവിനെ ധ്യാനിക്കുന്നത് ഇത്രയും കാലം അതാണല്ലോ ചെയ്തത് ഞങ്ങൾ ഈ പറയാൻ എന്താണ് സച്ചിദാനന്ദ രൂപത്തിലുള്ള ആത്മാവിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് അത് ധ്യാനിക്കുന്ന പറഞ്ഞാൽ അംഗീകരിക്കാൻ ഒക്കത്തല്ല അങ്ങനെ ധ്യാനിച്ചിട്ട് എനിക്ക് സമാധി വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതാണ് പറഞ്ഞു പറഞ്ഞു വരുന്നു ആത്മാവിനെ ധ്യാനിക്കാൻ സാധ്യമല്ല ആത്മാവിനെ ഇന്നുരാരും ധ്യാനിച്ചിട്ടുണ്ട് പിന്നെ എന്തിനെ ധ്യാനിക്കുന്നത് മന്ദവ്യത്തെ മനനത്തിന് വിഷയമായി ഒന്നിനെ ധ്യാനിക്കുന്നു എന്ന് വെച്ചാൽ തന്റെ മനസ്സ് തന്നെ ഒരാത്മാവിനെ സങ്കല്പിക്കുന്നു സൃഷ്ടിക്കുന്നു ഇന്നതാണോ ആത്മാവ് ഇന്ദ്രനേയും ചന്ദ്രനെയൊക്കെ സൃഷ്ടിക്കുന്നു മനസ്സ് തന്നെ സങ്കല്പിക്കുന്നു ഇന്നതാണോ മനസ്സിന്റെ സങ്കല്പത്തിലുള്ള ആത്മാവിനെയാണോ ധ്യാനിക്കുന്നത് മനസ്സ് തന്നെ മൂന്നായി പിരിഞ്ഞിരിക്കുകയാണ് ജയമായി ധ്യാതാവായി ധ്യാനമായി അല്ലാതെ വാസ്തവത്തിലുള്ള ആത്മാവിനെ ധ്യാനിക്കാൻ പറ്റത്തില്ല ആ നമ്മുടെ മനസ്സിൽ ആത്മാവിനെ കുറിച്ച് ധാരണകളുണ്ടായി ശ്രവണത്തിൽ നിന്ന് സച്ചിദാനന്ദമാണ് നിത്യമുക്ത മുക്തസ്വരൂപമാണ് പ്രത്യേകാത്മാവാണ് ഇതൊക്കെ എന്താ മനസ്സിൻ്റെ കല്പനകളാണ് ധാരണകളാണ് ഈ ധാരണകളെങ്ങനെ ഒരുപാട് സ്വരുപൂട്ടി വെച്ചിട്ട് ആ ധാരണകളിലേക്ക് മനസ്സിന് ഊന്നുന്നതാണ് ഉറപ്പിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് അതെല്ലാം മനസ്സിന്റെ തലത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് പുസ്തകത്തെ ധ്യാനിക്കാം അത് നടക്കും എന്തുകൊണ്ട് അതും മനസ്സിന് വിഷയമാണ് പ്രത്യക്ഷമാണ് നേരത്തെ സുഖാധിപതി സുഖത്തെ ധ്യാനിക്കാൻ സുഖം പ്രത്യക്ഷമാണ് ആത്മാവ് പ്രത്യക്ഷമായിരിക്കുന്നതോടെ വരും നമ്മുടെ സങ്കല്പത്തിൽ മനോവൃത്തികളിൽ അങ്ങനെയാണ് തിനെ സംബന്ധിച്ചത് ആ സങ്കല്പമാണ് ചെയ്യുന്നത് ആത്മാവിനെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി നമ്മുടെ മൂവി വച്ചിരിക്കുകയാണ് സങ്കല്പം സച്ചിദാനന്ദ എന്താ ഇതൊരു സങ്കല്പം മാത്രം സങ്കല്പരൂപത്തിലുള്ള കൽപനാരൂപത്തിലുള്ള ആത്മാവിനെയാണ് ധ്യാനിക്കുന്നത് എന്നിട്ട് എന്താണോ അവിടെ ധരിക്കുന്നു ഭ്രാന്തമായി ധരിക്കുന്നെന്താണ് ഞാൻ ആ പരമാർത്ഥത്തിലുള്ള ആത്മാവിനെ ധ്യാനിക്കുന്നു ഇല്ല അതുകൊണ്ടാണ് ശരിയ പറയുന്നത് തോ വാചോ നിവർത്തൻ ദേ അപ്രാപ്യ മനസാസഹ അത് പിൻവാങ്ങുന്നു മനസ്സാസഹാന്ന് പറയുന്ന കാരണം മനസ്സ് വളരെ സൂക്ഷ്മമാണ് ഏത് സൂക്ഷ്മമായ വസ്തുവിനെ അതിന് ഗ്രഹിക്കാൻ പറ്റും പരമാണുവിനെ വരെ അത് ഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ ഇവിടെ പറഞ്ഞെന്താണ് സർവമേവ് മന്ദപയവും സർവത്തെ അത് ഗ്രഹിച്ചു എത്ര വ്യാപകമായാലും ആകാശത്ത ഗ്രഹിക്കുന്നു വ്യാപകമാണ് പരമാണുഗരിക്കുന്നത് സൂക്ഷ്മമാണ് സർവത്തെ അത് ഗ്രഹിക്കും സർവം അതിലെല്ലാം പെടുന്നു പക്ഷേ മനസ്സ സഹ മനസ്സ് അവിടെ എത്താൻ പറ്റുന്നു അവിടെ എത്തിയില്ലെങ്കിലും പിന്നെ അങ്ങനെ എങ്ങനെ ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട് അതിനെത്തി പിടിക്കാൻ ശ്രമിക്കുന്ന എങ്ങനെ ധ്യാനിക്കണമെങ്കിൽ അത് വിഷയമാകട്ടെ മന്ദാരം അന്തരേണ പിന്നെ പിന്നിലുള്ള ആ മന്ദാവിനെ സാധ്യമല്ല അതിന്റെ സഹായത്തോടുകൂടി ഈ മനസ്സ് സർവത്തെയും മനനം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ ആത്മാവിനെ ഒന്നും ധ്യാനിക്കാൻ പറ്റത്തില്ല തന്റെ സങ്കല്പത്തിലുള്ള ആത്മാവിനെ ധ്യാനിക്കും ആദ്യം സങ്കല്പിക്കുന്നതാണ് നേതി നേതി എന്ന് പറയുന്നു നിങ്ങൾ സങ്കല്പിക്കുന്നതല്ല അപ്പോ പിന്നെ ധ്യാനം കൊണ്ടെന്താ സംഭവിക്കുന്നത് ധ്യാനിക്കുന്ന ആവശ്യമില്ലാത്താണെന്നാണ് പറയുന്നത് അങ്ങനെന്താ പറയുന്നു അതെല്ലാം പറയുന്നില്ല താല്പര്യം മുമ്പോട്ട് വരുന്ന ഭാഗത്തത് പറയും ധ്യാനം പഠിത്തം എന്നല്ല പറയുന്നത് അത് ഭ്രാന്തമായി പറയുന്നത് അത് വിവേകശൂന്യമാകരുത് പറഞ്ഞു യം കിം സിയാദ് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം മനസ്സുകൊണ്ട് സർവത്തെയും ചെയ്യാം പക്ഷെ സർവത്തെയും ചെയ്യുന്നതിന് പിന്നിൽ ഒരു മന്ദാവ് ഉണ്ടായിരിക്കണം പക്ഷെ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ടായിരിക്കണം അവൻ മനനം ചെയ്യാൻ സാധ്യമല്ല ഇവിടെ എങ്ങനെയാണോ ഒരു മനുഷ്യന്റെ ചിന്ത കടന്നുപോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് കുറവുക്ഷ സിദ്ധാന്തം പറയുന്നത് വളരെ സ്വാഭാവികമായിരിക്കും കൃത്രിമമായിട്ടൊന്നും അങ്ങനെയാണെങ്കിൽ പിന്നെന്താ സംഭവിക്കുന്നത് ഇതുമത്ര സിയാണ് എന്താണ് സംഭവിക്കുന്നത് സർവസെയോയം മന്ദ ഈ വേദി ഇന്ന സ മന്ദവ്യ സാണെ താല്പര്യം ഇതുവരെ നിങ്ങൾ വിശദീകരിച്ചത് സർവത്തെയും മനനം ചെയ്യുന്ന ഒരുവനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം സർവമനനത്തിനും പിന്നിലൊരാളുണ്ട് മനന കർത്താവെന്ന് മനസ്സിലാക്കരുത് അതുകൊണ്ടാണ് പറയുന്ന ഞാന് സർവ മനനത്തിന് സാക്ഷിയായിട്ടൊരുവനുണ്ട് അല്ലേ മനനം ധ്യാനം എന്നൊക്കെ പറഞ്ഞാലൊന്നുകാനിക്കുന്നവൻ എന്തിനാണ് ധ്യാനിക്കുന്നത് ധ്യാനത്തിന്റെ വിഷയത്തെ വിഷയമില്ലെങ്കിൽ ധ്യാനിക്കാൻ പറ്റത്തില്ല ിക്കാംനെ അതിന്റെ വിഷയമായ ഇന്ദ്രനെയും ചന്ദ്രനെയെല്ലാം ധ്യാനിക്കും അതിന്റെ വിഷയമാകുമ്പോ വിഷയമായവ മാത്രമേ ധ്യാനിക്കാൻ പറ്റൂ പക്ഷെ നസമന്ദവ്യ പക്ഷെ ഈ ധ്യാനിക്കുന്നവനെ ധ്യാനിക്കാൻ പറ്റത്തില്ല മനനം ചെയ്യാൻ പറ്റത്തില്ല അവൻ വിഷയമാകുന്നില്ല അതാണ് ഇവിടെ വ്യക്തമായി പറയുന്നത് യു എം മന്ദ ആരാണോ ഇവിടെ മനനം ചെയ്യുന്നവനായിരിക്കുന്നത് ധ്യാനിക്കുന്നവനായിരിക്കുന്നത് അവനെ ധ്യാനിക്കാൻ പറ്റുന്നില്ല ഇവിടെ പറയുന്നത് ആത്മധ്യാനത്തെക്കുറിച്ചാണ് മറ്റ് വിഷയധ്യാനങ്ങളെ കുറിച്ചല്ല വിഷയധ്യാനങ്ങളിൽ അങ്ങനെ എല്ലാ വിഷയമുണ്ടോ മനസ്സിനുണ്ടൊരു വിഷയം ആ വിഷയത്തെ ധ്യാനിക്കാം ആ വിഷയം ഏത് രൂപത്തിനു ആകാം ദേവനോ ദേവിയോ എന്തോ ആകാം അവിടെയൊക്കെ വിഷയമുണ്ട് അതിനെ ധ്യാനിക്കാം പക്ഷെ പറയുന്നു ന മന്തവ്യ പക്ഷെ ധ്യാനിക്കാൻ പറ്റാത്ത ഒരാളാണ് ആരാണ് ഈ ധ്യാനിക്കുന്നവനെ അവനെ ധ്യാനിക്കാൻ പറ്റത്തില്ല ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ ആരാ ഈ ധ്യാനിക്കുന്നവനെന്ന് ചോദിച്ചാൽ ഈ ധ്യാനത്തിന്റെ പിന്നിലൊരു സാക്ഷിയുണ്ട് ധ്യാനത്തിന് സാക്ഷിയായിരുന്നു അവനെ ധ്യാനിക്കാൻ പറ്റുന്നു ആ അല്ല ഞാൻ എനിക്കതിനുള്ള സാമർഥ്യമുണ്ട് ഒരാൾ പറയുന്നത് ഞാൻ ആ ഇപ്പൊ ഈ എല്ലാ മനനത്തിനും സാക്ഷിയായിരിക്കുന്നവനെ ധ്യാനിക്കുന്നു പറഞ്ഞാലോ ആ എല്ലാ മനനത്തിനും സാക്ഷി എന്നൊരുവനെ സങ്കല്പിക്കുകയാണ് ആ സങ്കല്പത്തിന് വിഷയമായ ആ അധ്യായത്തെ ധ്യാനിക്കുന്നു എന്നർത്ഥമുള്ളൂ അവിടെയും ധ്യാനിക്കുന്ന എന്തിനാണ് മന്തവ്യം മനനം ചെയ്യേണ്ടത് തന്റെ സങ്കല്പത്തെയാണ് ധ്യാനിക്കുന്നത് അല്ലാതെ ആ സാക്ഷിയെ ധ്യാനിക്കാൻ മന്ദാവിനെ ധ്യാനിക്കാൻ സാധ്യമല്ല മനനം ചെയ്യാൻ സാധ്യമല്ല അതാണ് അമന്ത അവിജ്ഞാത എന്നെല്ലാം പറഞ്ഞത് ഇതിൽ നിന്ന് ഇനി പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പറയുന്നതാണോ ഇവിടെ ധ്യാനിക്കാൻ പറ്റിയ ഒരാത്മാവുമുണ്ട് ധ്യാനിക്കാൻ പറ്റാത്ത ഒരാത്മാവുമുണ്ട് അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് ശ്രോത മന്ദ വിജ്ഞാത എന്നിട്ട് അതേ ശ്രുതി എന്ന് പറയും അമന്ത അവിജ്ഞാത രണ്ടും ഒരേ ശ്രുതി എന്ന് പറയുന്നു നമ്മളിതിന്റെ ഒരു ഭാഗം മാത്രം എടുക്കാൻ പാടില്ല എന്നിട്ട് അതിന് വാശി പിടിക്കാൻ പാടില്ല എന്നോ മന്തുർ മന്ദി യഥാസ ആത്മനായോ മന്ദ വിഹ ഇനി രണ്ടാമത് ഗുരുവനില്ല എന്താണ് തനിക്ക് ധ്യാനിക്കാൻ പറ്റിയ ഒരു മന്ദുഹ് മന്ദ മന്ദുഹു മന്ദ മന്ദ കൊതുവ് വരുത്തുന്ന മന്ദ ഉണ്ടോ ഇവിടെ സംസ്കൃതമാ പറയുന്നു മനനം ചെയ്യുന്ന മന്ദ മനനം ചെയ്യുന്നവന്റെ മനനം ചെയ്യുന്നു എന്ന് വെച്ചാൽ സാക്ഷി മന്ദുഹുമെന്ന് പറയുന്നു ഒരാൾ നിരന്തരം ഇങ്ങനെ മനനം ചെയ്യുന്നുണ്ടെന്ന് ആരുടെ പ്രേരണയാലാണോ മനസ്സിങ്ങനെ പ്രവർത്തിക്കുന്നത് ഒന്നിനെയും പ്രേരിപ്പിക്കാതെ പ്രേരകനായിരിക്കുന്നവൻ അവനാണ് സർവസാക്ഷി എന്ന് പറയുന്നത് അവനോട് ശരിക്കും മന്ദാവെന്ന് പറയുന്നു ഈ മന്നനത്തിൽ ഉത്തരവാദിത്വം അവനാണ് അവൻ ദ്വിതീയ രണ്ടാമതൊരുവനല്ല അങ്ങനെയാണെങ്കിൽ അവനൊന്ന് മനനം ചെയ്യാമായിരുന്നു ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് നല്ല സങ്കല്പത്തിലുള്ള ആത്മാവിന്റെ ജ്ഞാനമാണ് ഉണ്ടാവുന്നത് വിധേയമായ ആത്മാവിന്റെ ജ്ഞാനമാണുണ്ടാവുന്നത് അത് എത്ര ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സ് അവിടെ എത്തുന്നില്ല വാക്കെത്തുന്നില്ല മനസ്സ് പിന്തിരിയുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും മനസ്സ് പറയും അതവിടെ എത്തിയിരിക്കുന്നു ആത്മാവാണ് താൻ ആത്മാവിനെ തന്നെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നു ആത്മജ്ഞാനിയാണ് എന്നെല്ലാം ഭ്രമിക്കുന്നു അതെല്ലാം എന്താണ് മന്ദവ്യമായിരിക്കുന്ന ഒന്നിനെ മനനം ചെയ്യാൻ പറ്റിയ ഒന്നിനെയാണ് തൻ്റെ മനസ്സ് എന്നെ സൃഷ്ടിച്ച ഒന്നിനെയാണ് ഒന്നിനാണ് താനിങ്ങനെ അഭിമാനിക്കുന്ന ആത്മാവ് ആത്മജ്ഞാനം എന്ന അനുഭവിക്കുന്നത് സജ നജ ദ് മന്ദവും മന്ദാവസ്ഥ അങ്ങനെ ഒരു രണ്ടാമതൊരുവനില്ല നിനക്ക് ധ്യാനിക്കാൻ പറ്റി മനനം ചെയ്യാൻ പറ്റിയ ഒരുവനായിട്ടില്ല ഒന്നേയുള്ളൂ ഏകമാണ് ഏകമായിരിക്കുന്നതിനെങ്ങനെയാണ് ധ്യാനിക്കുന്നത് അടുത്തു പറയും ഇവശബ്ദം ഉപയോഗിക്കും ധ്യാനിക്കുന്നത് പോലെ അതുണ്ടല്ലാവരും നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുകയല്ല ചെയ്യുന്നു പക്ഷെ ധ്യാനിക്കുന്നത് പോലെ എന്നുവെച്ചാൽ ധ്യാനത്തെ അവിടെ ഭ്രമത്തെ അവിടെ ആരോപിക്കുകയും ദർശന ശ്രവണങ്ങളെപ്പോലെ അതും ഒരു ഭ്രമം ഒരു കല്പന ആ കൽപ്പന അനുവർത്തിക്കുന്നു അതിന്റെ പ്രയോജനത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ സ്വരൂപത്തെ കുറിച്ചാണ് തെറ്റിദ്ധാരണമായിട്ട് പറയുന്നു എന്നല്ല പറയുന്നു എന്താണ് അതിന്റെ സ്വരൂപം ആത്മധ്യാനത്തിന്റെ സ്വരൂപം അത് പറയുകയാണ് അതിന് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം അതിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നു അതെന്താണ് നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് എന്നുവെച്ചാൽ തിയോ മന്ദഹു മന്ദി മന്ദനം ചെയ്യുന്നവന് മനനം ചെയ്യാനായിട്ടൊരു ആത്മാവ് അങ്ങനെയൊന്നില്ല മനന വിഷയമായ ഒന്നില്ല യഥാസ ആത്മനായവ മന്തവ്യ അങ്ങനായിരുന്നെങ്കിൽ തനിക്കതിനെ ധ്യാനിക്കാമായിരുന്നു അങ്ങനൊന്നുണ്ടായിരുന്നേ തനിക്ക് ധ്യാനിക്കാൻ പറ്റിയൊരാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് സുഖമായി ധ്യാനിക്കാമായിരുന്നു വിഷയങ്ങളെ ധ്യാനിക്കുന്നത് നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ വിഷയങ്ങളുണ്ട് ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളെല്ലാം ഉണ്ട് അതിനെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അത് ആത്മാവിനെ സംബന്ധിച്ച് സാധ്യമല്ല ഇങ്ങനെയൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ പല ദോഷങ്ങളും ഉണ്ട് എന്താണോ തഥാ ഏന സംബന്ധിച്ച മന്ദവ്യ നിങ്ങൾ ധ്യാനിക്കുന്നത് ആത്മനിശ്ചിത മന്ദവി ആത്മാ ഏതൊരാത്മാവിനെയാണോ നിങ്ങൾ ധ്യാനിക്കുന്നത് രണ്ടാത്മാക്കൾ വരും കാര്യം ഉറപ്പാണ് നിങ്ങളെപ്പോഴെങ്കിലും ആത്മാവിനെ ധ്യാനിക്കാൻ ഒരുമ്പട്ടാൽ തീർച്ചയായും അവിടെ രണ്ടു ആത്മാവിനെ സൃഷ്ടിക്കേണ്ടി വരും അല്ലാതെ ആത്മാവിനെ ധ്യാനിക്കാൻ ഒരു മിടുക്കനും സാധ്യമല്ല ഒരു ഗുരുവിനും സാധ്യമല്ല ശിഷ്യന് സാധ്യമല്ല എന്തുകൊണ്ട് ിക്കുന്ന താൻ താൻ ധ്യാനിക്കുന്ന ആത്മാവ് രണ്ടില്ലാതെ എങ്ങനെ ധ്യാനിക്കും ധ്യാനിക്കുന്നവരാൾ എന്താണ് അതാണ് ഏന ചമന്ത്യാണോ ഏതൊരുവനാലാണോ ഇത് മനനവിഷയമാക്കുന്നത് പിന്നെ ചമന്തവ്യ ആത്മ ഏതൊന്നിനെയാണോ മനനത്തിന് വിഷയമാക്കുന്നു അങ്ങനെ രണ്ടാത്മാവ് വരും ഇവിടെ എന്താണ് പറയുന്നത് ഐകാത്മ്യം ആത്മാവിന്റെ ഏകത്വത്തെ കുറിച്ചാണ് പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്യണത് എങ്ങനെ സംഭവിക്കും ഏകത്വം അങ്ങനെ ഏകത്വം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനിക്കാനൊക്കെ ആത്മാവിനെ സാക്ഷാത്വരിക്കേണ്ടേ ധ്യാനിക്കാതെ ഇങ്ങനെ സാക്ഷാത്വരിക്കും അതുകൊണ്ട് ആത്മാവിൻ്റെ ഏകത്വത്തെ സമർപ്പിക്കുമ്പോൾ ഈ മനനാദി വ്യാപാരങ്ങൾ ഒരുതെല്ലാം വരും മനനം വിജ്ഞാനം അനുഭവം ധ്യാനം എന്ന് പറയുന്നിടത്ത് വരുന്നത് ഇതുതന്നെ എല്ലാത്തിനും യോജിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുന്നിടത്തും ആത്മാവിനെ അനുഭവിക്കുന്നു ഞാൻ ആത്മാനുഭവത്തിലാണ് അല്ലെങ്കിൽ എൻ്റെ ഗുരു ആത്മാനുഭവത്തിലാണ് അത് കഴമ്പില്ലാതെ പറയും അർത്ഥം മനസ്സിലാക്കാതെ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ പറയും അത്തരം വാക്യങ്ങൾ അസംബന്ധങ്ങളെന്നല്ല പറയുന്നത് അത്തരം വാക്യങ്ങളെ നമ്മൾ ധരിച്ചിരിക്കുന്ന അസംബന്ധമായിട്ടുണ്ട് അവിടെയൊക്കെ ഇതേ ദോഷം വരും ആരനുഭവിക്കുന്നു ആരെ അനുഭവിക്കുന്നു ഗുരു അനുഭവിക്കുന്നു എന്തിനാ ആത്മാവിനെ എന്നല്ലേ പറയാൻ പറ്റും ഗുരു ആത്മാവിനെ അനുഭവിക്കുന്നു ഗുരു ആത്മാവിനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവ് ഗുരുവാണോ അല്ലയോ അത് ഗുരു തന്നെ അപ്പോൾ ഗുരു തന്നെയാണ് അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവ് രണ്ടു ഒന്ന് ഏകമേ ഉള്ളൂ അപ്പോൾ അനുഭവിക്കാൻ കഴിയും ഏകത്തിൽ അനുഭവിക്കുന്നവൻ ആര് അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് ആര് പിന്നെ അത് ഇല്ല ഒന്നേ ഉള്ളൂ ആത്മാവ് ഏകമാണ് എന്നാൽ പിന്നെ ആര് ആരനുഭവിക്കും സാധ്യമല്ലല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു ആത്മാർദവും പ്രസജ ചെയ്യാത അനുഭവത്തിനും ഇതേ ദോഷം വരും മനനത്തിനും ഇതേ ദോഷം വരും ധ്യാനത്തിനും ഇതേ ദോഷം അംഗീകരിക്കേണ്ടി അതിന്റെ ഒന്നും താത്പര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതുപോലെയല്ലേവ പറയുന്നു അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ തരും ഏകയേവ ആത്മാ ആത്മാവിന് ഒന്നാണെന്ന് പറയുന്നു തത്വമസ്യഹം ബ്രഹ്മ സ്ത്രീസർവം ഗം ബ്രഹ്മ സർവത്ര പേരുന്ന ആത്മാവ് ഒന്നാണ് പക്ഷെ അതിനെ തന്നെ എന്താകുന്നു ദ്വിത രണ്ടാക്കി മന്ത്ര മന്ദവ്യത്വേന മന്ത്രാവായി മന്ദവ്യമായി മനനം ചെയ്യുന്നവനായി മനനത്തിനു വിഷയമായി ധ്യാനിക്കുന്നവനായി ധ്യാന വിഷയവുമായി കാണുന്നവനായി കാണുന്നതിൻ്റെ വിഷയവുമായി അനുഭവിക്കുന്നവനായി അനുഭവത്തിന്റെ വിഷയമായി ഇങ്ങനെ സർവ്വത്ര യോജിപ്പിക്കുക ിശകലീഭ്യത് രണ്ട് രണ്ടംശം വരും ആത്മാവിന് നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിൽ ആണ് ഇതിനെയെല്ലാം ധ്യാന മനന അനുഭവങ്ങളെയെല്ലാം കാണുന്നതെങ്കിൽ ദിശകലീ ഭവ്യത് ആത്മാവിന് രണ്ടു ഭാഗം വരും വംശാധിപത് ഉള്ള വംശം ഈറയോ മുളയോ അതൊന്നായിരിക്കും പക്ഷെ അതിന് രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞാൽ അത് രണ്ടാകും ഒന്നിനെ തന്നെ രണ്ടാകും അതുപോലെ ആത്മാവിനെ ഏകമൊന്ന് പറയുകയും അതിനു മനനം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരാത്മാവിനെ തന്നെ രണ്ടാക്കാവുന്നവരും അദ്വൈതത്തിൽ ദ്വൈതം സംഭവിക്കും അത് പാടില്ല ഉഭയതാക്കി അനൂപത്തിരേ വ അതുകൊണ്ട് ഏതു തരത്തിലായനുസരിച്ച് ആത്മാവ് ആത്മാവിനെ മനനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലും ആത്മാവ് ആത്മാവിനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദ്വൈത സംഭവിക്കും അദ്വൈത സാധിക്കത്തില്ല ദൃഷ്ടാന്തത്തിലൂടെ അത് വ്യക്തമാകുന്നു യഥാ യഥാപ്രദീപയോഹോ പ്രകാശ്യ പ്രകാശകത്വാനുഭൂതി രണ്ട് വെളിച്ചം അടുത്തടുത്ത് വെച്ചു എന്നൊരു പറയുന്നതാ ഈ പ്രകാശം ഇതിന്റെ അടുത്തിരിക്കുന്ന പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നു അടുത്തിരിക്കുന്ന പ്രകാശ ഇതിനെ പ്രകാശിപ്പിക്കുന്നു പ്രദീപയുഹു രണ്ട് പ്രദീപങ്ങൾ രണ്ട് ദീപങ്ങൾക്ക് പ്രകാശപ്രകാശതത്വം ഒന്ന് പ്രകാശിപ്പിക്കുന്നു മറ്റത് പ്രകാശത്തിന് വിഷയമാകുന്നു എന്ന് പറയുമ്പോഴാണ് അത് ശുദ്ധാസംബന്ധമാണ് പ്രകാശത്തിന് അതിന്റെ ആവശ്യമില്ല ഒരു ദീപം മതി അത് പ്രകാശിച്ചോളൂ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഇവിടെ പറയും ചെയ്യും സതി കശി ധീര പ്രത്യേകാത്മാനമൈഷ്യ മനസ്സായ വനദിഷ്ടം ഇത്യാദിനം കകതി കാരണം ഈ സന്ദർഭത്തിൽ അതിനെ ചർച്ച ചെയ്തിരിക്കുന്നെങ്കിലും വ്യാഖ്യാതാവ് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വരികയാണെങ്കിൽ ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണോ കശ്ര പ്രത്യേകാത്മാനമൈഷ് നമ്മൾ പറഞ്ഞല്ലോ പരാഞ്ജി ന്യംഭൂര പ്രത്യേകാത്മാനമൈഷ് ആവൃത്ത അമൃതത്വമിച്ചിരുന്നല്ല നമ്മൾ നമ്മൾ പഠിച്ചതാ ചിന്തിച്ചതാണ് ശ്രമിച്ചതാണ് അതിന്റെ അതിന്റെയൊക്കെ താല്പര്യം എന്താവും അത് മാത്രമല്ല മനസ്സേവാനും ദൃഷ്ടമ്യം മനസ്സുകൊണ്ട് തന്നെയാണ് ഇതിനെ അറിയേണ്ടത് ഇതിൻ്റെ എല്ലാം കഥയെന്താവും കതിന്റെയൊക്കെ താല്പര്യം എന്താണെന്ന് പറയുന്നു ധ്യാനിക്കാൻ പറ്റത്തില്ല മനനം ചെയ്യാൻ പറ്റത്തില്ല അനുഭവിക്കാൻ പറ്റത്തില്ല അതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളു അവിടെ വ്യക്തമാക്കുന്നു മനസ്സോ ബഹിർഭിക്ഷേപ ഭാവേന ഐകാഗ്രീ സതി ആത്മാവയ അതിന്റെ എല്ലാം താല്പര്യം ഇത്രയും ആത്മാവ് സദാസ്വയം പ്രകാശിക്കുന്നതാണ് സൂര്യൻ സദാ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവനാണ് എന്നാലും കാണുന്നവന്റെ ദൃഷ്ടിക്ക് അത് മറയാം സ്വന്തം വരൽത്തുമ്പുകൊണ്ടോ നിസ്സാരമായ മേഘശകലങ്ങളെ കൊണ്ടോ ഒക്കെ അത് മറഞ്ഞ് പോകാം അല്ലെങ്കിൽ തൻ്റെ തന്നെ കൺപോള കൊണ്ടോ മറയാം അത് സംഭവിക്കുന്നു ഇത്രയും വ്യാപകവും വിപുലവുമായ സൂര്യനെ തുച്ഛമായി കൺപോളക്ക് എങ്ങനെ മറയ്ക്കാൻ പറ്റും മറക്കുമ്പോഴും അത് പ്രകാശിക്കുന്നില്ലേ അത് പ്രകാശിച്ചു തന്നെ ഇരിക്കുന്നു എന്നാലും നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു വൈദുദ്ധ്യോടെ സംഭവിക്കും സൂര്യൻ എത്രയോ ബൃഹത്താണ് കൺപോള എത്രയോ നിസ്സാരമാണ് എന്നാലും അതിനാ കാഴ്ചയെ തടസ്സപ്പെടുത്താൻ പറ്റുന്നു അത് രണ്ടിലും ഒരു പൊരുത്തവും ഇല്ല സൂര്യത്തിന്റെ പ്രകാശവും കൺപോളയുടെ മറവും തമ്മില് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ പറ്റും ഒരു യുക്തി ഇത്രയും വിസ്തൃതമായ ഒന്നിനെ ചക്ഷിരേന്ദ്രിയത്തിന്റെ മുമ്പിൽ നിന്ന് മാറ്റാൻ എങ്ങനെയും കഴിയുന്നു പക്ഷേ കഴിയും അതുപോലെ ഇവിടെ പറയുന്നെന്താണ് മനസ്സോ ബഹിർ വിക്ഷേപഭാവേനായികാഗിരി അവിടുത്തെ ചക്ഷു എന്ന് പറയുന്നതാണ് ഈ മനസ്സ് മൃഭാഷകാരൻ വേറെ തിമിരത്തിന്റെ ഉദാഹരണം പറഞ്ഞു വരുമ്പോൾ അടുത്തെവിടെ പറയും ഈ മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നു ആത്മാവ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിക്ഷേപത്തെ മനസ്സിന്റെ ബഹിർവിക്ഷേപഭാവിയെ രേഖാക്കി ആ വിക്ഷേപത്തെ മാറ്റുന്ന അതിനു വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം അതിനുപകരിക്കുമെങ്കിൽ ഇതെല്ലാം കൊള്ളാം വിക്ഷേപത്തെ എന്നിട്ട് മനസ്സിന്റെ വിക്ഷേപത്തെ ഇല്ലാതാക്കുന്നതിന് ഏത് അഭ്യാസം ഉപകരിച്ചാലും അത് നല്ലത് തന്നെ ധ്യാനമോ മലനമോ ജപമോ തപമോ എന്തായാലും വിക്ഷേപത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും ആത്മാ സ്വയമേവ പ്രകാശത്തെ അപ്പോൾ അത് സ്വയമായി പ്രകാശിക്കുന്നു വിക്ഷേപം ഉണ്ടായിരുന്നാലും സ്വയം പ്രകാശിക്കണം വിക്ഷേപം ഇല്ലാതിരുന്നാലും സ്വയം പ്രകാശിക്കുന്നു പക്ഷേ രണ്ടു തമ്മിൽ വ്യത്യാസം കണ്ണടഞ്ഞിരുന്നാലും സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു കണ്ണ് തുറന്നിരുന്നാലും സൂര്യൻ സ്വയം പ്രകാശിക്കണം അനുഭവത്തിന് വ്യത്യാസമുണ്ട് കണ്ണടഞ്ഞിരിക്കുമ്പോൾ സ്വയം പ്രകാശം അത് കഥയില്ലാത്തതാണ് അത് അന്ധതയാണ് കണ്ണു തുറന്നിരിക്കുമ്പോഴുള്ള സൂര്യന്റെ പ്രകാശം പ്രകാശം തന്നെ അതാണ് പ്രകാശം അതുപോലൊരു വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത് വിക്ഷേപം മാറുമ്പോൾ സ്വയമേവ് പ്രകാശത്തെ സദാസ്വയം പ്രകാശിക്കുന്ന അത് വിക്ഷേപമാറ്റത്തിലും പ്രകാശിക്കുന്ന അത്രയുള്ളൂ അതാണ് അനുഭവത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അതാണ് ധ്യാനത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് മറ്റതല്ല ധ്യാനത്തിലുള്ള ഭ്രാന്തിയാണ് ഈ തത്വബോധം കൂടാതെയുള്ള അനുഷ്ഠാനങ്ങളെല്ലാം വെറും ഭ്രമം തത്വബോധത്തോടു കൂടിയാണെങ്കിൽ അത് സഹായിക്കും തത്വബോധം കൂടാതെ എന്ന് പറയുമ്പോ കണ്ണിനെ മൂടിക്കെട്ടിട്ട് ഒരാള് സൂര്യന്റെ പ്രകാശത്തെ അന്വേഷിക്കുമ്പോൾ കണ്ണിനെ മൂടിക്കെട്ടിയിരിക്കണം കറുത്ത തുണി കൊണ്ടും പക്ഷേയാണ് സൂര്യന്റെ പ്രകാശത്തെ അന്വേഷിക്കുന്നത് എത്ര കാലം അമ്മറയുണ്ടോ അത്രയും കാലം അയാൾക്ക് സൂര്യ പ്രകാശിക്കുന്നത് തത്വബോധം കൂടാതെയുള്ള അനുഷ്ഠാനങ്ങൾ അഭ്യാസങ്ങളുടെ എല്ലാം ഫലം പരിശ്രമങ്ങൾ ഒരുപാട് നടക്കും പക്ഷെ ഫലം ഉണ്ടാകത്തു കാരണം മുടികെട്ടിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും പരിശ്രമം നടക്കും നടത്തും ഫലമുണ്ടാകത്തില്ല മുഖ്യമായ ഫലം ഉണ്ടാകത്തില്ല എന്തെങ്കിലും ഫലം ഉണ്ടാകും അതാണ് മനസ്സുകൊണ്ട് കാണുന്നതെന്ന് പറയുന്നതിന്റെ താല്പര്യം അത് ഈ സന്ദർഭത്തിൽ ഇവിടെ പറയുകയാണ് ഭാഷകാരന് അവസാനം പറയും വ്യാഖ്യാത ഇപ്പോഴേ എന്ന മനസ്സാണ് മനത്തെ ഇത് ശ്രുതി നല്ല ശ്രുതി എന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനസ്സുകൊണ്ട് ഇതിനെ മനഞ്ചെയ്യാൻ സാധ്യമല്ല മനസ്സുകൊണ്ട് ഇതിനെ ധ്യാനിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈവം സതി പത്ത് മിനിറ്റ് മുന്നോട്ടാക്കി വെച്ചിരിക്കുകയാണ് നേരത്തെ നിർത്താൻ വേണ്ടിട്ടായിരിക്കും എനിക്ക് സംശയം തോന്നി ഒന്ന് രണ്ടു ദിവസമാണ് അങ്ങനെ അതിനെക്കും പറ്റിക്കാനൊന്നും പറ്റത്തില്ല അത് നടക്കില്ല യഥാപ്രദീപയോ പ്രകാശ പ്രകാശകത്വ അനുപത്തി സമത്വ തകാശത്തിന് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ആത്മാവിന് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ മന്ത്ര മന്ദവ്യേയും മനനം വ്യാപാരശൂന്യ കാലവസ്തി ആത്മമനനായ മന്ദുഹു മന്ദവ്യ മനനം ചെയ്യുന്നവൻ നേരത്തെ പറഞ്ഞു ശ്രോത ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോ പറഞ്ഞു ൾ ശ്രവിക്കുമ്പോ ശ്രവണശൂന്യമായ ഒരു സമയമില്ല മനനം ചെയ്യാൻ കാരണം മനസ്സിന് ഒരു സമയം ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ പറ്റും കാര്യത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അതിനെ ഇനി വിശദമായി ചർച്ച വരും ഒരു സമയം അതിന് പൂർണമായി ഏർപ്പെടാൻ പറ്റും നമ്മൾ മുമ്പ് അതൊന്ന് സൂചിപ്പിച്ചു ഒരേ സ്വയം പല വിഷയങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് തോന്നിയാലും അത് മാറി മാറിയാണ് അതിന്റെ വേഗത കൊണ്ട് അതിന്റെ പ്രവർത്തനത്തിനുള്ള ഭേദത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ മന്ദുഹ് മന്ദവി മനന വ്യാപാര ശൂന്യക്കാലോസി മനനം ചെയ്യുമ്പോൾ മനനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മനന വ്യാപാര ശൂന്യമായൊരു കാലമുണ്ട് അകരത്തിലല്ലോ മനനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മനനമില്ലാത്തൊരു വരും എന്നുവെച്ചാൽ ആ സമയം മനസ്സിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ആത്മാവിനെ അറിയാനും സാധ്യമല്ലെന്ന് പറയ അനുമാനത്തിലൂടെയോ അനുമാനത്തിലൂടെ നേരത്തെ പറഞ്ഞു ഹനുമാനത്തിലൂടെ അറിയാൻ കഴിയുമോ അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നു മനനത്തിൽ മനന വ്യാപാര ശൂന്യമായൊരു കാലമില്ല എന്തിനു ആത്മമനനായ ആത്മാവിനെ മനനത്തിലൂടെ ബോധിക്കുന്നതെന്ന് കാര്യങ്ങളിലൂടെയും ആത്മാവിനെ അറിയാൻ സാധ്യമല്ല എന്ന് മറ്റൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണ് ഇത് പലതരത്തിലും മനസ്സിലാക്കാം ആത്മാവ് ഒരേ ആത്മാവ് തന്നെ സർവശരീരങ്ങളും വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ശരീരത്തിലിരിക്കുന്ന ആത്മാവ് മനനം ചെയ്യുന്നു എന്തായാലും ആത്മാവ് ഒന്നാണല്ലോ വേറൊരു ശരീരത്തിലിരിക്കുന്ന ആത്മാവിന് എന്തുകൊണ്ട് ഈ ആത്മാവിനെ സാക്ഷാത്കരിച്ചു കൂടാം ആത്മാവ് ഒന്നാണല്ലോ എവിടെയെങ്കിലും ഒരിടത്ത് സംഭവിച്ചാൽ മതിയല്ലോ ഇത്തരത്തിലൊക്കെയുള്ള നാനാ തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഭാഗം ചർച്ച ചെയ്യുന്നത്